അവർ മനുഷ്യരിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എന്നാൽ അള്ളാഹുസുബഹാനഹുവറ്റ ആലയിൽ നിന്ന് അവർക്ക് മറിഞ്ഞിരിക്കാനാവില്ല അള്ളാഹുസുബഹാനഹഹൂവറ്റ ആല തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾ അവർ രാത്രിയിൽ രഹസ്യമായി ആലോചിക്കുമ്പോൾ അവനവർക്കൊപ്പമുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹുസുബഹാനഹുവറ്റ ആല പൊതിഞ്ഞു നിൽക്കുന്നവനാകുന്നു